ചേച്ചിയുടെ ലൈബ്രറി ലിസൺ ഇതൊക്കെ നിന്റെ പുസ്തകങ്ങളാണോ അല്ല ഇതെന്റെ ചേച്ചിയുടെ ലൈബ്രറിയാണ് ചേച്ചി മലയാളം ലെക്ചറാണ് അപ്പോൾ ഇവയെല്ലാം മലയാളം പുസ്തകങ്ങളാണോ എല്ലാമല്ല അവയൊക്കെ ഇംഗ്ലീഷ് കവിതകളാണ് ൾ മാത്രമോ അതെ അതൊക്കെ കവിതകളാണ് പക്ഷേ ഇതൊക്കെ നോവലുകളും കഥകളും നിരൂപണ ഗ്രന്ഥങ്ങളുമാണ് നിന്റെ ചേച്ചിയും എഴുത്തുകാരിയല്ലേ അതെ പക്ഷെ കവയത്രി കഥാകാരിയാണ് ഇതാണ് എന്റെ ചേച്ചിയുടെ ചെറുകഥാസമാഹാരം എന്താണ് അതിന്റെ പേര് ഒരു പകൽ കിനാവിന്റെ ഓർമ്മകൾ അവരുടെ ഏറ്റവും നല്ല പുസ്തകമാണോ അത് അല്ല പക്ഷെ അത്ര മോശവുമല്ല ചേച്ചിയുടെ ഏറ്റവും നല്ല കൃതി ഒരു നോവലാണ് അതേത് പുസ്തകമാണ് ചുമപ്പിന്റെ അഴക് എന്നാണ് അതിൻ്റെ പേര് അതൊരു രാഷ്ട്രീയ നോവലാണോ അല്ല സാമൂഹ്യ നോവൽ തന്നെ ഒരു പ്രേമകഥ കഥാനായകൻ പട്ടാളക്കാരൻ അത്രമാത്രം ലിസൺ ആൻഡ് റിപ്പീറ്റ് ഇതൊക്കെ നിന്റെ പുസ്തകങ്ങളാണോ ഇതൊക്കെ നിന്റെ പുസ്തകങ്ങളാണോ അല്ല ഇതെന്റെ ചേച്ചിയുടെ ലൈബ്രറിയാണ് അല്ല ഇതെന്റെ ചേച്ചിയുടെ ലൈബ്രറിയാണ് ചേച്ചി മലയാളം ലെക്ചറാണ് ചേച്ചി മലയാളം ലെക്ചറാണ് അപ്പോൾ ഇവയെല്ലാം മലയാളം പുസ്തകങ്ങളാണോ അപ്പോൾ ഇവയെല്ലാം മലയാളം പുസ്തകങ്ങളാണോ എല്ലാമല്ല അവയൊക്കെ ഇംഗ്ലീഷ് കവിതകളാണ് എല്ലാമല്ല അവയൊക്കെ ഇംഗ്ലീഷ് കവിതകളാണ് കവിതകൾ മാത്രമോ കവിതകൾ മാത്രമോ അതെ അതൊക്കെ കവിതകളാണ് അതെ അതൊക്കെ കവിതകളാണ് പക്ഷെ ഇതൊക്കെ നോവലുകളും കഥകളും നിരൂപണ ഗ്രന്ഥങ്ങളുമാണ് പക്ഷെ ഇതൊക്കെ നോവലുകളും കഥകളും നിരൂപണ ഗ്രന്ഥങ്ങളുമാണ് നിന്റെ ചേച്ചിയും എഴുത്തുകാരിയല്ലേ നിന്റെ ചേച്ചിയും എഴുത്തുകാരിയല്ലേ അതെ പക്ഷെ കവയത്രി ഒന്നുമല്ല കഥാകാരിയാണ് അതെ പക്ഷെ കവയത്രിയൊന്നുമല്ല കഥാകാരിയാണ് ഇതാണ് എൻ്റെ ചേച്ചിയുടെ ചെറുകഥാ സമാഹാരം ഇതാണ് എന്റെ ചേച്ചിയുടെ ചെറുകഥാ സമാഹാരം എന്താണ് അതിന്റെ പേര് എന്താണ് അതിന്റെ പേര് ഒരു പകൽക്കിനാവിന്റെ ഓർമ്മകൾ ഒരു പകൽക്കിനാവിന്റെ ഓർമ്മകൾ അവരുടെ ഏറ്റവും നല്ല പുസ്തകമാണോ അത് അവരുടേ ഏറ്റവും നല്ല പുസ്തകമാണോ അത് അല്ല പക്ഷെ അത്ര മോശവുമല്ല അല്ല പക്ഷെ അത്ര മോശവുമല്ല ചേച്ചിയുടെ ഏറ്റവും നല്ല കൃതി ഒരു നോവലാണ് ചേച്ചിയുടെ ഏറ്റവും നല്ല കൃതി ഒരു നോവലാണ് അതേത് പുസ്തകമാണ് അതേത് പുസ്തകമാണ് ചുമപ്പിന്റെ അഴക് എന്നാണ് അതിൻ്റെ പേര് ചുമപ്പിന്റെ അഴക് എന്നാണ് അതിൻ്റെ പേര് അതൊരു രാഷ്ട്രീയ നോവലാണോ അതൊരു രാഷ്ട്രീയ നോവലാണോ അല്ല സാമൂഹ്യ നോവൽ തന്നെ ഒരു പ്രേമകഥ അല്ല സാമൂഹ്യ നോവൽ തന്നെ ഒരു പ്രേമകഥ കഥാനായകൻ പട്ടാളക്കാരൻ അത്രമാത്രം കഥാനായകൻ പട്ടാളക്കാരൻ അത്രമാത്രം ഡ്രിൽസ്റ്റേഷൻ ഡ്രിൽ ഇവ പുസ്തകങ്ങളാണ് പു പുസ്തകങ്ങളാണ് അവ കഥാസമാഹാരങ്ങളാണ് അവ കഥാസമാഹാരങ്ങളാണ് ഇതൊക്കെ എഴുത്തുകാരുടെ ഫോട്ടോകളാണ് ഇതൊക്കെ എഴുത്തുകാരുടെ ഫോട്ടോകളാണ് അവർ എഴുത്തുകാരികളാണ് അവർ എഴുത്തുകാരികളാണ് പ്രനൗൺസിയേഷൻ പ്രാക്ടീസ് ചേച്ചിയുടെ ചേച്ചിയുടെ രവിയുടെ രവിയുടെ കുട്ടിയുടെ കുട്ടിയുടെ സതിയുടെ സതിയുടെ മണിയുടെ മണിയുടെ സന്ധി പ്രാക്ടീസ് കവിത സമാഹാരം കവിതാ സമാഹാരം काथा, कारी, कथा कारी, कला कलाकार मलया नाड, മലയാള നാട് സംസ്കൃതം കവിത സംസ്കൃത കവിത ബിൽഡ് ഡ്രിൽ ആണ് സമാഹാരങ്ങൾ സമാഹാരങ്ങളാണ് ാണ് അധ്യാപകന്റെ അധ്യാപകന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അധ്യാപകന്റെ ഏറ്റവും പുതിയ കഥാ സമാഹാരങ്ങളാണ് ഇവയൊക്കെ ഇവയൊക്കെ ഞങ്ങളുടെ അധ്യാപകന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരങ്ങളാണ് നൗ ഫോളോ ദോഡൽ ആണ് ആണ് നിരൂപണ ഗ്രന്ഥങ്ങൾ നിരൂപണ ഗ്രന്ഥങ്ങളാണ് നല്ല നല്ല നിരൂപണ ഗ്രന്ഥങ്ങളാണ് അവയൊക്കെ അവയൊക്കെ നല്ല നിരൂപണ ഗ്രന്ഥങ്ങളാണ് ആണ് ആണ് കൂട്ടുകാരും കൂട്ടുകാരുമാണ് ും നാട്ടുകാരും കൂട്ടുകാരുമാണ് എ നാട്ടുകാരും കൂട്ടുകാരുമാണ് അവരെല്ലാം അവരെല്ലാം എൻ്റെ നാട്ടുകാരും കൂട്ടുകാരുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിൽ അവ ചെറിയ കവിതകളാണ് കഥകൾ അവ ചെറിയ കഥകളാണ് നോവലുകൾ അവ ചെറിയ നോവലുകളാണ് പുസ്തകങ്ങൾ അവ ചെറിയ പുസ്തകങ്ങളാണ് ഇതൊക്കെ പഴയ പുസ്തകങ്ങളാണ് പട്ടണങ്ങൾ ഇതൊക്കെ പഴയ പട്ടണങ്ങളാണ് നഗരങ്ങൾ ഇതൊക്കെ പഴയ നഗരങ്ങളാണ് ഗ്രന്ഥങ്ങൾ ഇതൊക്കെ പഴയ ഗ്രന്ഥങ്ങളാണ് അത് ഏറ്റവും നല്ല കവിതയാണ് ചെറിയ അത് അവരുടെ ഏറ്റവും ചെറിയ കവിതയാണ് പഴയ അതവരുടെ ഏറ്റവും പഴയ കവിതയാണ് പുതിയ അതവരുടെ ഏറ്റവും പുതിയ കവിതയാണ് വലിയ അതവരുടെ ഏറ്റവും വലിയ കവിതയാണ് റീസ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ വൺ ഇത പുസ്തകമാണ് ഇവ പുസ്തകങ്ങളാണ് വൺ അത് ഗ്രാമമാണ് അവ ഗ്രാമങ്ങളാണ് ഇത് പട്ടണമാണ് ഇവ പട്ടണങ്ങളാണ് അത് കവിതയാണ് അവ കവിതകളാണ് ഇത് നോവലാണ് ഇവ നോവലുകളാണ് അത് കഥയാണ് അവ കഥകളാണ് മോഡൽ ടു അവൻ എന്റെ നാട്ടുകാരനാണ് അവർ എൻറെ നാട്ടുകാരാണ് നൗ ഫോളോ ദോഡൽ ഇവൻ എൻറെ കൂട്ടുകാരനാണ് ഇവർ എന്റെ കൂട്ടുകാരാണ് അദ്ദേഹം നമ്മുടെ ഗ്രാമക്കാരനാണ് അവർ നമ്മുടെ ഗ്രാമക്കാരാണ് അയാൾ എഴുത്തുകാരനാണ് അവർ എഴുത്തുകാരാണ് അവൾ ഞങ്ങളുടെ കൂട്ടുകാരിയാണ് അവർ ഞങ്ങളുടെ കൂട്ടുകാരാണ് ഇവർ ഞങ്ങളുടെ നാട്ടുകാരിയാണ് ഇവർ ഞങ്ങളുടെ നാട്ടുകാരാണ് ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ അത് നല്ല പുസ്തകമാണ് അദ്ദേഹം നല്ല അധ്യാപകനാണ് അദ്ദേഹം നല്ല അധ്യാപകനല്ല ഇവ പഴയ ഗ്രന്ഥങ്ങളാണ് ഇവ പഴയ ഗ്രന്ഥങ്ങളല്ല